ഭഗവത്ഗീതയെ പറയുന്നത് ഇന്ന ജായതെ മറിയദേ വ കഥാജിൻ ന്യായം ഭൂത്വ ഭവിതൂയ അജം നിത്യം ശാശ്വതമായ പുരാണോ ന ഹന്യതേ ഹന്യമാനെ ശരീരേ ശരീരം ഹനിക്കപ്പെട്ടാലും ഹനിക്കപ്പെടാത്ത ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട് ശരീരം ഭസ്മമായി പോകും ഈ ശക്തി എവിടെയാണ് ഇരിക്കുന്നത് പിതാവിൻ്റെ ഒരു ജന്മത്തിൽ ഒരു പിതാവായി ഇരിക്കുന്ന ആരാണ് ആ പിതാവിൻ്റെ ശരീരത്തിൽ സെമൻ ആയിട്ട് വർത്തിക്കുന്ന ഒന്നാണ് അതിനപ്പോൾ രൂപവും ഭാവവും ഡയമെൻഷനൊന്നും കാണുകയില്ല പിതാവിൻ്റെ രക്തത്തിൽ നിന്നും മറ്റ് രക്തത്തിൽ നിന്നും മജ്ജയിൽ നിന്നും മാംസത്തിൽ നിന്നും എല്ലാം ഉണ്ടാകുന്ന ഒന്നാണ് ആ ശരീരം എന്നാൽ ശരീരം അങ്ങനെയല്ല ശരീരം നേരത്തെ തന്നെ ഉള്ളതാണ് ഒരു ജീവിതത്തിൽ കുറേ അനുഭവിച്ചു കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് അത് അനുഭവിക്കാനായിട്ട് ഇവിടെ വന്ന് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അദ്ദേഹം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളിൽ കൂടെ ആ ശരീരത്തിൽ പ്രവേശിച്ച് സെമൻ എന്ന് പറയുന്ന ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഡ്രോപ് സെമനിലെ എത്രയോ കോടി ജീവാണുക്കൾ കാണും അതിൽ ഒരെണ്ണം മാത്രം മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭാശയത്തിൽ പ്രവേശിച്ച് അതിൽ ഇദ്ദേഹത്തിന് വളരാൻ വേണ്ടിയുള്ള ഒരു അണ്ടമുണ്ട് അതുമായിട്ട് ചേർന്ന് ഒരു വ്യക്തിയായിട്ട് അവിടെ കഴിഞ്ഞതിന് ശേഷം പത്ത് മാസം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയായിട്ട് പുറത്തു വരുന്നു അതിനു ശേഷം കുറേ കാലം ഇപ്പോഴത്തെ കലിയുഗത്തിലാണെങ്കിൽ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാണ് പറയുന്നത് മുമ്പ് മറ്റ് യുഗങ്ങളിലെല്ലാം വയസ്സ് കൂടുതലായിരുന്നു നിർണാ ആയുഷ് സഹസ്രം കൃതയുഗസമയെ കൃതയുഗത്തിൽ ആയിരം വയസ്സായിരുന്നു തൽ തദ്ധ തസ്യജാർഥം അത് കൃതം ത്രേതായുഗത്തിൽ വന്നപ്പോൾ അഞ്ഞൂറ് പിന്നെ അതിൻ്റെ പകുതിയായി ദ്വാപരയുഗത്തിൽ കലിയുഗത്തിലൊന്നുമ്പോൾ അതിൻ്റെയും പകുതി അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാണ് ഈ യുഗത്തിൽ എന്ന് നമ്മൾ അനുഭവിക്ക അനുഭവിക്കുന്നത് അനുഭവമായിട്ടുള്ളത് നൂറ്റി ഇരുപത് വർഷമാണെന്ന് ജ്യോതിഷത്തിലെ ദശയെല്ലാം കണക്കാക്കാനായിട്ട് അത് നിജപ്പെടുത്തിയിട്ടുണ്ട്